അവരുടെ വിമുഖത നിനക്ക് വലിയ ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ ഭൂമിയിലൊരു തുരങ്കമോ ആകാശത്തേക്കൊരു ഗോവണിയോ കണ്ടെത്തി അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക അള്ളാഹു സുബാനോ ഉത്താല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ നേർവഴിയിൽ ഒരുമിച്ചുകൂട്ടുമായിരുന്നു അതിനാൽ നീ അജ്ഞാനികളിൽ ഒരാളാകരുത്